അതിനാൽ അള്ളാഹുസുബഹാനഹുവായാലായായായുടെ മാർഗ്ഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക നിങ്ങളുടെ സ്വന്തം ശരീരത്തിനല്ലാതെ നിങ്ങൾ ബാധ്യസ്ഥനല്ല എന്നാൽ സത്യവിശ്വാസികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അവിശ്വാസികളുടെ ശക്തി അള്ളാഹുസുബഹാനുഹുവ ഛായാലാ തടഞ്ഞേക്കാം അള്ളാഹുസുബഹാനഹുവ ഛായാലാ തടൽ യുദ്ധം ആണ് ഏറ്റവും കഠിനമായി ശിക്ഷിക്കുന്നവനും ഏറ്റവും കഠിനമായി പീഡിപ്പിക്കുന്നവനും